അധ്യായം ഇരുപത്തി ഒന്ന് മനശവാഴ്ച തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ അമ്പത്തഞ്ച് സംവത്സരം യരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് എഫ്സിബ എന്നു പേർ എന്നാൽ യഹോവ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ളേച്ഛതകൾക്കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി ഇസ്രയേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേരാ പ്രതിഷ്ഠിച്ചു ആകാശത്തിലെ സർവസൈന്യത്തെയും നമസ്കരിച്ചു സേവിച്ചു യരുഷലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു യഹോവയുടെ ആലയത്തിന്റെ രണ്ടു പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ബലിപീഠങ്ങൾ പണിത അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ിയമിക്കുകയും ചെയ്തു യഹോവയെ കോവിപ്പിപ്പാൻ തക്കവണ്ണം അവന് അനിഷ്ടമായുള്ളത് പലതും ചെയ്തു ഈ ആലയത്തിലും ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എരുഷലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ആലയത്തിൽ താനുണ്ടാക്കിയ അശേരാപ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എന്റെ ദാസനായ മോശ അവരോട് കൽപ്പിച്ച സകല ന്യായപ്രമാണവും അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്കാ മാത്രം ചെയ്താൽ ഇനി ഇസ്രയേലിന്റെ കാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത വിട്ടലയുവാൻ ഇട എന്ന് യഹോവ കൽപ്പിച്ചിരുന്നു എന്നാൽ അവർ കേട്ടനുസരിച്ചില്ല യഹോവ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ശിപ്പിച്ച ജാതികളെക്കാളും അധികം ദോഷം ചെയ്യുവാൻ മനശ അവരെ തെറ്റിച്ചുകളഞ്ഞു ആകയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം അരുളിച്ചെയ്തതെന്തെന്നാൽ യഹൂദ രാജാവായ മനശ തനിക്കുമ്പേ ഉണ്ടായിരുന്ന അമൂര്യർ ചെയ്ത സകലത്തേക്കാളും അധികം ദോഷമായി ഈ മ്ലേക്ഷതകൾ പ്രവർത്തിച്ചിരിക്കും തന്റെ വിഗ്രഹങ്ങളെക്കൊണ്ട് യഹൂദയെയും പാപം ചെയ്യിക്കെയാലും ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു കേൾക്കുന്ന ഏവന്റെയും ചെവി രണ്ടും മുഴങ്ങത്ത കവണ്ണമുള്ള അനർത്ഥം ഞാൻ ഇരുശിലേമിനും യഹൂദയ്ക്കും വരുത്തും ഞാനിരിശിലേമിന്മേൽ ശമരിയുടെ അളവുനൂലും ആഹാബ് ഗ്രഹത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും ഒരുത്തൻ ഒരു തളിക തുടക്കയും തുടച്ചശേഷം അത് കവിഴ്ത്തിവെക്കുകയും ചെയ്യുന്നതുപോലെ ഞാൻ ഇരുശിലേമിനെ തുടച്ചുകളയും എന്റെ അവകാശത്തിന്റെ ശേഷിപ്പ് ഞാൻ ത്യജിച്ച് അവരെ അവരുടെ ശത്രുക്കളുടെ കൈയിൽ ഏൽപ്പിക്കും അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയും ആയിത്തീരും അവരുടെ പിതാക്കന്മാർ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് എന്നെ കോപിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത്രയുമല്ല യഹോവയ്ക്കനിഷ്ടമായുള്ളത് ചെയ്യേണ്ടതിന് മനസ് യഹൂദയെക്കൊണ്ട് ചെയ്യിച്ച പാപം കൂടാതെ അവൻ എരിശിലേമിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറപ്പാൻ തക്കവണ്ണം കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വളരെ ചിന്തിച്ചു മനശയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ പാപവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ മനശ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അരമനയുടെ തോട്ടത്തിൽ ഉസ്സയുടെ തോട്ടത്തിൽ തന്നെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആമോൻ അവനു പകരം രാജാവായി ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ രണ്ട് സംവത്സരം എരിശിലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് മെഷൂല്ലേമെ എന്ന് പേർ അവൾ യോത്ബക്കാരനായ ഹാരൂസിന്റെ മകൾ ആയിരുന്നു അവൻ തന്റെ അപ്പനായ മനശെ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തന്റെ അപ്പൻ നടന്ന വഴിയിലൊക്കെയും നടന്നു തന്റെ അപ്പൻ സേവിച്ച വിഗ്രഹങ്ങളെയും സേവിച്ച് അങ്ങനെ അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞു യഹോവയുടെ വഴിയിൽ നടന്നതുമില്ല എന്നാൽ ആമോന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെ ഒക്കെയും കൊന്നു ദേശത്തെ ജനം അവന്റെ മകനായ യോശിയാവ് അവനു പകരം രാജാവാക്കി ആമോൻ ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഉസയുടെ അവന്റെ കല്ലറയിൽ അടക്കം ചെയ്തു അവന്റെ മകനായ യോശിയാവ് അവനു രാജാവായി